ശ്രീമീംസി സദാശിവസമാരംഭം സംഗ്രഹാസ്മദാചര്യന്ത ശ്രീ ശ്രീ ശ്രീ ഭാഷ ഈശോവരനെ എഡി മതി വീരല്ലോ ഉമയാ യാത്ര ദേഹനംശ്ചാമേ ചേസമീതി ശാസ്ത്രം മനർത്ഥകമല്ല അതാണ് ഇവിടെ പറഞ്ഞത് അദ്വൈതം അംഗീകരിച്ചാലും അത്തരം ദോഷങ്ങളൊന്നുമില്ല കാരണം അദ്വൈതത്തെ അംഗീകരിക്കുന്നിടത്ത് അത്തരം ആശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല മറിച്ചാണെങ്കിൽ അതാണ് ശാസ്ത്രപ്രണയനാധിപഗത്തിൻ ജഹാനേത്ര പരമാർത്ഥ വസ്തു സ്വരൂപ വിദ്യാവിഷ ആ ഏകത്വബോധം ഇല്ലാതിരിക്കുമ്പോൾ ഏകത്വനിശ്ചയർന്ന് പറയുന്നു ദ്വൈതം പരമാർത്ഥമല്ല എന്നാലും ഇതെല്ലാം ഈ ഭേദം ഭേദം ഈ ഭേദം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു ിൽ ഞാൻ നീ എന്നുള്ള ധേദം അനുഭവപ്പെടുന്നു അതിന്റെ പരമാർത്ഥത്തെ അറിയുന്നവർ പറയുന്നു അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് ഉള്ളത് പോലെയാണ് ദ്വൈതം പോലെ പരമാർത്ഥ ദ്വൈതം അങ്ങനെയൊന്നുമില്ല ഈ ദ്വൈതം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശാസ്ത്രവും ഗുരുവും ശിഷ്യനും എല്ലാം സാർത്ഥകമാണ് വിസ്തൃതവാസ്നേഖ്യം ഇതെല്ലാം വെറുതെ ധാരണത്തിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ശാസ്ത്രത്തെ ഒരിക്കലും അനർഥകം എന്നാക്ഷേപിക്കാൻ പാടില്ല തത്വബോധത്തിലാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വരുന്നു അനർത്ഥകമാകാമോ കാരണം ആ തത്വബോധം നിശ്ചയാത്മികമായ ബുദ്ധിയാണ് അത് കഴിഞ്ഞ ദിവസം ബുദ്ധി എല്ലാ വിഭ്രാന്തികളെയും എല്ലാ വികൽപ്പങ്ങളെയും ബാധിക്കുന്നതാണ് അങ്ങനെ ഒരു ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടൊരാൾക്ക് ഒരു ചോദ്യം സാധ്യമല്ല അങ്ങനെ ആകാമോ ഇങ്ങനെയാകാമോ അത് കഴിഞ്ഞു അത് ആ ചോദ്യങ്ങളെല്ലാം മനനത്തിലാണ് നിശ്ചയബോധത്തിൽ അത്തരം ചോദ്യങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെ ബോധം ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ ഇതന്നെ ആകാം എന്നാണ് ശാസ്ത്രപ്രണയനാധിപത്തി അവിടെ ശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട് ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എല്ലാം ഉണ്ട് പരമാർത്ഥ വസ്തു സ്വരൂപ അവിദ്യാഭിഷേകം എന്താണ് അവിദ്യാഭിഷേകം അദ്വൈത ശാസ്ത്രം എന്നുള്ളതല്ല എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം ഈ അവിദ്യയിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് എത്ര ഈ ദ്വൈതം ഇവ ദ്വൈതമെന്ന് പറയുന്നത് ചർച്ചയ്ക്ക് വരുന്നത് അദ്വൈതയെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാവരും ചർച്ച ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ് ദ്വൈതത്തിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത് കുറ്റം പറയുന്നത് ശരിയെന്നും തെറ്റെന്നും പറയുന്നതല്ല അദ്വൈതത്തിൽ ഇങ്ങനെ ബാധിക്കുന്നവർക്ക് അതിനെ സ്പർശിക്കാൻ പറ്റത്തില്ല അദ്വൈതം എന്ന് പറയുന്നത് ഇവിടെ സ്വതസിദ്ധമാണ് ആ തത്വം ആ സിദ്ധാന്തം എന്ന് പറയുന്നത് സ്വയം സംരക്ഷിതമാണെന്നാണ് പറയുന്നത് മറ്റുള്ള അങ്ങനെയല്ല അവർ പരസ്പരം അതാണ് മുമ്പ് പറഞ്ഞത് സംഖ്യനായാലും നൈകായികനായാലും അവര് ചർച്ചകൾ അവിദ്യ വിഷയത്തിലാണ് ആ ചർച്ചകൾ അത് കുറെയൊക്കെ മനസ്സിലാക്കുന്നു കുറേയൊക്കെ മനസ്സിലാക്കുന്നില്ല സംഖ്യന്മാരത് ശരിക്കും മനസ്സിലാക്കുന്നില്ല തർക്കികന്മാരും മറ്റും കുറെയൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമല്ല സാഖ്യന്മാരും അതിൽ അംഗീകരിച്ചിരുന്നു എന്നാണ് സാഖ്യാസ്തു അവിദ്യ അധ്യാരോപിതമേവ പുരുഷേ കർത്തകരം ഫലം ചേരി കല്പയ്യസ്യന്ത പരമാർവേവോക്തൃത്വം പുരുഷസ് ഇച്ഛതി തത്വാതരം പ്രധാനം പുരുഷ വസ്തുഭൂതമേവ ോ അന്യ താർക്കികടുത്ത ബുദ്ധി വിഷയാസന്ത സംഖ്യന്മാർക്കിവിടെ എന്താ പറ്റിയത് അദ്വീതത്തിൽ തന്നെ പല പ്രക്രിയകളുണ്ടല്ലോ പല രീതിയിൽ ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നു ചെല്ലു പറയുന്നു എന്താണ് സുഷൃത്തിയിൽ അവിദ്യയെ അംഗീകരിച്ചുകൊണ്ട് വേണം ചിന്തിക്കേണ്ടത് വേറൊരു കൂട്ടർ പറയുന്നു അങ്ങനെയല്ല സുഷൃത്തിയിൽ അവിദ്യയെ സ്വീകരിക്കാതെ തന്നെ ചിന്തിക്കാം ഒരു കൂട്ടർ പറയുന്നു അവിദ്യ ഒന്ന് വേറെയാണ് മായ വേറെയാണോ വേറൊരു കൂട്ടർ പറയുന്നു അങ്ങനെയല്ല രണ്ടും ഒന്ന് തന്നെയാണോ ചിലത് പറയുന്നു അവിദ്യ അല്ലെങ്കിൽ മായ ഏകമാണ് ചിലത് പറയുന്നു അങ്ങനെയല്ല അത് അനേകമാണോ ഇങ്ങനെയുള്ള മതഭേദങ്ങൾ എന്ന് പറയുന്നത് പ്രത്യ പ്രക്രിയാ ഭേദങ്ങൾ വിചാര രീതികൾ അദ്വൈതത്തിലുണ്ട് ധാരാളം ഇത് പ്രക്രിയാ ഭേദമാണ് വിചാരഭേദമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണോ ശരി മറ്റതാണോ ശരി എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യം വരത്തില്ല അതൊരു വിചാര രീതി ഒരാളിന് ഏതാണോ സ്വീകാര്യമായത് അത് സ്വീകരിക്കുക പ്രക്രിയകളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ പരമാർത്ഥബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്വീകാര്യമായ സാഖ്യന്മാര് പറയുന്ന എന്താണ് പുരുഷന് ഭോക്തൃത്വമുണ്ട് പക്ഷെ കർത്തൃത്വമല്ലാതെ പ്രകൃതിയിലാണ് നാം പക്ഷെ ഇതേ സംഖ്യന്മാര് എന്ന് പറയുന്നു പുരുഷനാണ് കർത്തൃത്വം ഇതേ സംഖ്യന്മാരും പറയുന്നു നമ്മളിതുവരെ ചിന്തിച്ച രീതിയിലല്ല കാരണം ഇവിടെ ഭാഷകാരം നിഷേധിക്കുന്ന മുഴുവൻ അതാണ് പുരുഷനിൽ അല്ല കർത്തൃത്വം പ്രകൃതിയിലാണെന്ന് പറയുന്നതാണ് അതാണ് സംഖ്യന്മാരുടെ സിദ്ധാന്തം അത് സ്വീകരിക്കാൻ വയ്യാന്നാണ് പക്ഷെ ഭാഷകാരൻ തന്നെ ഇവിടെ പറയുന്നു അങ്ങനെ അല്ല പുരുഷൻ ചൈതന്യൻ ആ ചൈതന്യത്തിലാണ് കർത്തൃത്വം അത് കർത്തൃത്വമെന്ന് മാത്രമല്ല അവിടെ അവിദ്യയെ സ്വീകരിക്കുന്നുണ്ട് അവിദ്യ അധ്യാനോപിതമായ കടത്തുള്ള പ്രകൃതിയിലൊന്നുമില്ല അദ്വൈതം പോലെയായി ഇത് സാഖ്യന്മാരുടെ എന്നൊരു പ്രക്രിയയാണ് അതാണ് രണ്ടു ദിവസം അത് നമ്മൾ പരാമർശം പക്ഷെ അത് പൂർത്തിയാക്കിയില്ല ഇപ്പോൾ സാഖ്യനും അങ്ങനെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നവരുണ്ട് പുരുഷനാണ് കർത്താവ് പ്രകൃതിയല്ല പുരുഷനാണ് എല്ലാം സംഭവിക്കുന്നത് അവിദ്യ കാരണമാണ് പിന്നെന്താ പ്രകൃതിയാണ് കർത്താവെന്ന് വന്നത് പറയുന്നു അതിന് പക്ഷെ സംഖ്യന്മാരുടെ ഇടയില് പ്രാബല്യം കിട്ടിയില്ല ആ പ്രക്രിയക്ക് അങ്ങനെയുണ്ട് അദ്വീതികളിൽ തന്നെ പലതരത്തിലുള്ള പ്രക്രിയകളുണ്ട് ദൃഷ്ടി സൃഷ്ടി സൃഷ്ടി ദൃഷ്ടി എന്നെല്ലാം പറയുന്നില്ല പക്ഷെ ഈ പ്രക്രിയകൾക്ക് പലതിനും അദ്വീതികളുടെ ഇടയിൽ തന്നെ വലിയ പ്രചാരം കിട്ടത്തില്ല പല ആചാര്യന്മാർ രൂപപ്പെടുത്തിയെടുക്കുന്ന വിചാര രീതികൾ വാർത്തകാരൻ സുരേഷ് രാചാര്യ അദ്ദേഹത്തിന്റേതായ ഒരു പ്രക്രിയ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഗൃദാരണ്യത്തിൽ നമ്മൾ അതിനെ ആശ്രയിച്ചിട്ടാണ് ചർച്ച ചെയ്തത് വാജസ്പിശ്രൻ ഭാമതീകാരൻ ഇതിന് തന്റേതായ ഒരു പ്രക്രിയ വിചാര രീതി എടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തത് ഇങ്ങനെ പല തരത്തിലുള്ള വിചാര രീതികളുണ്ട് അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു ഒരു കാര്യമില്ല രണ്ടിടത്ത ഉദ്ദേശം ഒന്നാണ് തത്വത്തെ ബോധിക്കുക അല്ല സാഖ്യന്മാർക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായതെന്ന് പുരുഷനാണ് സൃഷ്ടിക്കുന്നത് പ്രകൃതിയല്ല പക്ഷെ അതിന് ബലം കിട്ടിയില്ല അവരുടെ ഇടയിൽ തന്നെ എന്തുകൊണ്ട് ബലം കിട്ടിയില്ല കാരണം പുരുഷനെ നിർഗുണമായി സ്വീകരിക്കുക പിന്നെ പുരുഷൻ സൃഷ്ടിക്കുക അത് രണ്ടും കൂടെ അവർക്ക് യോജിപ്പിക്കാൻ സ്വീകരിച്ചിരുന്നു പക്ഷേ അവിദ്യയെ സ്വീകരിച്ചിട്ടും അവർക്ക് ജനിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അവർ പ്രകൃതിയെ സത്യമായി സ്വീകരിച്ചു അവിദ്യയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയെ സത്യമായി സ്വീകരിക്കാൻ പറ്റില്ല പ്രകൃതി സ്വപ്ന സദൃശമാണ് അത് എന്തുകൊണ്ട് അവർക്ക് ആ രീതിയിലെത്താൻ പറ്റില്ല അതിവിടെ പറയുന്നു എന്താണ് ആഗമബാഹ്യത്വ അവര് ശ്രുതിയെ അവിടെ പരമാവധി പ്രമാണമായി സ്വീകരിച്ചിട്ട് സ്വന്തം കൽപ്പന അല്ലെങ്കിൽ തന്റെ ആചാര്യൻ പറഞ്ഞ കൽപ്പനകൾക്കനുസരിച്ച് പോയതുകൊണ്ടാണ് അതുകൊണ്ട് പിന്നീട് അവരത് ഉപേക്ഷിക്കുക ചിന്താഗതി പുരുഷനാണ് കടത്താവ് പുരുഷ ചൈതന്യത്തിലാണ് എല്ലാ സംഭവിക്കുന്നത് അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത് സംഖ്യ വസ്തു അവിദ്യ അധ്യാരോപിതമേവ പുരുഷയെ കർത്തൃത്വം സംഘന്മാരും അത് സ്വീകരിച്ചിരിക്കുന്നു അവിദ്യ അധ്യാരോപിതമായി പുരുഷനാണ് കർത്തൃത്വം ക്രിയാകാരകം ഫലം എല്ലാം പുരുഷനിലാണ് പ്രകൃതിയിലല്ല കൽപ്പയത്തുക പക്ഷെ ആഗമബാഹ്യത്വ പക്ഷെ അവർ ശ്രുതി പ്രമാണത്തിന് ആധാരമാക്കി അവർ ചിന്തിക്കാത്തതുകൊണ്ട് പുനത്തഥ ത്രസ്യന്ത അവർക്ക് ഈ അവരുടെ ആ സിദ്ധാന്തത്തോട് ഇങ്ങനെ എന്താ അവർ ഭയക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഈ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഈ പ്രപഞ്ച ഇത് മിഥ്യ എന്ന് പറയേണ്ടി വരും അനന്തമായി പരിണാമി നിത്യമായിരിക്കുന്ന ഇതിനെ ഇത് മിഥ്യാണെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതവർക്കങ്ങോട്ട് അംഗീകരിക്കാം ശ്രുതിയെ സ്വീകരിക്കുകയാണെങ്കിൽ അത് പ്രയാസമില്ല പക്ഷെ ആ ഭാഗത്തൊക്കെ അവർ പോയില്ല ശ്രുതി യുടെ ആ പ്രക്രിയയിലൂടെ അതിനെ ആശ്രയിച്ചു കാരണം ശ്രുതി എന്ന് പറയുന്ന അനുഭവമാണ് ശ്രുതിയുടെ പ്രക്രിയ എന്ന് വെച്ചാൽ അനുഭവത്തെ ആശ്രയിച്ചോളു ഒരാളുടെ അനുഭവമാണല്ലോ ശ്രുതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം അപ്പൊ ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ചർച്ചയല്ല അങ്ങനെ വരുമ്പോ ജാഗ്ര സ്വപ്ന സുഷുപ്തികളെല്ലാം ഒരുപോലെ പരിശോധിക്കും പക്ഷേ കാരണം അതാണുള്ള അനുഭവം ജീവന്റെ പ്രധാനമായ അനുഭവം എന്താണ് ജാഗ്രത സ്വപ്നം സുശക്തി സർവ്വസാധാരണമായിരിക്കുന്ന അനുഭവം അപ്പം ഈ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യണം അനുഭവത്തെയാണ് ശ്രദ്ധിക്കുന്നു ആ അനുഭവത്തിൻ്റെ തന്നെ പരമാർത്ഥത അതിനെ ആശ്രയിച്ച് ചർച്ച ചെയ്യണം പക്ഷെ അവർ അതിനെ ആശ്രയിച്ചില്ല പക്ഷേ വിചാരം ചെയ്തപ്പോൾ അവർക്കും മനസ്സിലായി ഈ പുരുഷൻ നിർഗുണനാണ് അതിലൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വിദ്യ അധ്യാരോപിതമാണ് പക്ഷെ അധ്യാരോപിതമെന്ന് പറയുമ്പോൾ പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് അംഗീകരിക്കേണ്ടി വരും അപ്പൊ സാറിന് ആൾക്കാർ പറയില്ല ഈ കല്ലും മണ്ണും പാറയും നദിയും സൂര്യനും ചന്ദ്രനും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് മിഥ്യ എന്ന് പറയുന്നത് അപ്പൊ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അതുകൊണ്ടെന്ത് ചെയ്തു ത്രസ്യന്ത ആദ്യം അവർ പറഞ്ഞു പുരുഷനാണോ സൃഷ്ടിക്കുന്നത് പ്രകൃതിയല്ല അതുകൊണ്ട് എന്ത് ചെയ്തു പരമാർത്ഥ ഭഭോക്തൃത്വം പുരുഷന് സഹിച്ച അതുകൊണ്ട് പിന്നെ അവരത് ഭയന്നിട്ട് അവർ കുറച്ചുകൂടി ലളിതമായി ഒന്ന് സ്വീകരിച്ചു ഭോക്തൃത്വം പുരുഷനിലാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച് ഭോക്ത പുരുഷനാണ് ഭോക്തൃത്വ അനുഭവം പുരുഷൻ പുരുഷനിലാണല്ലോ ആർക്കതിനായ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞാലതിന് തത്വചിന്ത എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തത്വം തത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന അത് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് പരമാർത്ഥ വാങ്ങിക്കൊള്ളണമെന്നില്ല സൂര്യൻ എല്ലാ ദിവസവും കറങ്ങുന്നതായിട്ടാണ് നമ്മളെ അനുഭവം എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് അത് സത്യം പറ്റില്ല സാ നമ്മൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടും അവിടെ പിന്നെ എന്തു വരും പരമാർത്ഥ അതിന്റെ തത്വം എന്താണെന്ന് ചിന്തിക്കുന്നു അതിന്റെ തത്വം എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും അത് ഒരു ഭ്രാന്തിയാണ് അതിലൊരു തത്വമുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് ഞാൻ അനുഭവിക്കുന്നു ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നു അനുഭവത്തിന് മാറ്റമേ ഇല്ല ജനിച്ച മരണം വരെ ഈ അനുഭവങ്ങൾ ഇപ്പം ഞാൻ ഭോക്താവാണ് എന്നല്ല അത് വാസ്തവത്തിൽ നടക്കണമെന്ന് ചിന്തിക്കാം ഇത് സർവരുടെയും അനുഭവം ഇല്ല പക്ഷെ അദ്വൈതി അങ്ങനെയല്ല അതിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ മനസ്സിലായെന്താണോ അങ്ങനെയല്ല അത് അദ്വൈതിക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ജാഗ്രത അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് സ്വപ്നവും അതിനും വലിയ പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ അനുഭവ അശൂന്യമായ കേവല ഒരു സ്ഥിതിയും അപ്പോൾ ഇത് അധ്യാരോപിതമാണ് എന്നവിടെ ബോധ്യപ്പെട്ടു പക്ഷെ സംഖ്യനത് കഴിഞ്ഞില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പരമാർത്ഥദേവ ഭക്തൃത്വം പുരുഷ സ്വീചന്തി ഭക്തൃത്വത്തെവിടെ സ്വീകരിക്കുന്നു തത്വാന്തരം ചധാനം ഈ കാണുന്ന പ്രകൃതി ഇതിനൊരു സമാധാനം പറയണം പുരുഷന് ഇതിന് യാതൊരു കാര്യമില്ല സർവ ലോക സാധാരണമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചസത്യത്വത്തെ അംഗീകരിക്കണം അപ്പോൾ അതിനവർ ചിന്തിച്ചു അപ്പോ തന്നിൽ നിന്ന് അന്യമായി പുരുഷാത് പരമാർത്ഥ വസ്തുഭൂതം ഇത് പരമാർത്ഥമാണ് അനുഭവപ്പെടുന്നത് പോലെ പ്രധാനം കൽപ്പയന്ത അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞപ്പോഴോ അന്യ താർക്കികൃതബുദ്ധിവിഷയാഹസന്ത ഇവരങ്ങനെ എന്താണ് അവർ ശ്രുതിയെ വിട്ടിട്ട് യുക്തി ആശ്രയിച്ചു യുക്തിയെ ആശ്രയിക്കുന്നതിന് അത്വീതി ചെയ്തിട്ടല്ലോ പക്ഷെ ശ്രുതി വിടാൻ പാടില്ല ശ്രുതി വിടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അനുഭവത്തെ വിടാൻ പാടില്ല അനുഭവത്തെ വിട്ടിട്ട് യുക്തി രണ്ടും ഒരുമിച്ചായിരുന്നു അനുഭവം യുക്തിയും കൂടി ഒരുമിക്കണം ഇവരെന്തു ചെയ്തു അന്യ താർക്കിക ബുദ്ധിവിഷയാഹി സന്ത മറ്റ് താർക്കികന്മാരുണ്ട് ഇവരെ പോലെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവർ അവരുടെ പിറകെ പോയി പ്രധാനത്തെ കണ്ടുകൊണ്ട് പ്രധാനത്തെക്കുറിച്ച് ചിന്തിച്ചു ബഹിർമുഖമായി ചിന്ത അനുഭവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവത്തെ ആശ്രയിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു ഇതെല്ലാം അനുഭവമല്ലേ നമ്മുടെ മുമ്പിൽ കാണുന്നതല്ല അങ്ങനെ മുമ്പിൽ കാണുന്നതിനെ ആശ്രയിച്ച് ചിന്തിച്ചാൽ പോലെ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ബാഹ്യമല്ല മുന്നിലല്ല ആന്തരികമാണ് ബാഹ്യമായ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ഇല്ല അനുഭവം ആന്തരികമാണ് ആന്തരികമായ അനുഭവം അതിനോട് നമ്മൾ പറയുന്നത് ആത്മനിഷ്ഠമായ ചിന്ത എവിടെ ആത്മനിഷ്ഠമായ ചിന്ത നഷ്ടപ്പെടുന്നു അവിടെ പരമാർത്ഥബോധം ഉണ്ടാകത്തില്ല അപ്പോ താർക്കികന്മാരുടെ പിറകെ പോയി കഴിഞ്ഞാൽ ആ ചിന്തയിൽ പോയി കഴിഞ്ഞാൽ പറ്റുന്ന ഇതാണ് വിഹന്യന്റെ നശിക്കുന്നു അതാണ് അവർക്ക് പറ്റിയത് യുക്തി ചിന്ത മാത്രം കൊണ്ട് കാര്യമില്ല എന്നർത്ഥം അങ്ങനെ കുറെ പേരുണ്ട് താർക്കിയന്മാര് സഖ്യന്മാര് താർക്കിക സംഗീതിയും പരസ്പര വിരുദ്ധ അർത്ഥകല്പന ആമിഷാർത്ഥിനാണിനോ അന്യോന്യവിരുദ്ധ മാനാർത്ഥദർ പരമാർത്ഥ തൂരമ്യതേ അതം അനാദൃത്യ വേദാന്താർത്ഥത്വം ഏകത്വ ദർശനം പ്രതി ആദരവന്തോ മൂക്ഷവോ ശരി താർക്കികമതോഷ പ്രദർശനം കിഞ്ചിത് ഉച്ചതേ അസ്മാർക്കാത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേട്ട് കേട്ട് മടത്തുപോ ഒന്നിൽ തുടങ്ങി ഒന്നായിട്ട് സിദ്ധാന്തം മതി എന്ന് തോന്നുന്നു സിദ്ധാന്തത്തിലെത്തിയാ മതി എന്ന് തോന്നുന്നു നീണ്ടുപോകുന്നു ബന്മസൂത്രത്തിന് മറ്റു ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് അസാഖ്യന്മാരങ്ങനെ പറയുന്നു താർക്കികന്മാരങ്ങനെ പറയുന്നു ഇതൊക്കെ എന്താ പറയുന്നത് ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക എന്താണ് ശരിയായിട്ടുള്ളത് പറയുക താർക്കികന്മാരെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ അതിനെ നിഷേധിക്കുക അതിന്റെ ആവശ്യമെന്തോ ഇവിടെ പറയുന്നത് ആവശ്യമുണ്ട് അപ്പൊ തർക്കം പഠിച്ചിട്ടില്ലാത്തവനോട് തർക്കികന്റെ സിദ്ധാന്തം പഠിപ്പിച്ച് നിഷേധിക്കുന്ന എന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കും സാഖ്യം പഠിച്ചിട്ടില്ലാത്തവനോട് അത് പറഞ്ഞുകൊടുത്തവനെ നിഷേധിക്കേണ്ട ആവശ്യമെന്താ ഇവിടെ തർക്കമായാലും ശരി സംഖ്യമായാലും അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് എല്ലാം ദ്വൈത ബുദ്ധിയാണ് ഒരുവൻ തർക്കം പഠിച്ചോ അല്ലെങ്കിൽ സംഖ്യം പഠിച്ചോ എന്നുള്ളതല്ല അവന്റെ ഉള്ളിൽ ദ്വൈത ബുദ്ധിയുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് തർക്കികന് സംഖ്യനും പറയുമ്പോൾ അത് ശാസ്ത്രീയമായി തൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അത് പ്രാകൃതമായി ശാസ്ത്രീയമായിട്ടല്ലെങ്കിലും ആ ദ്വൈതബുദ്ധി പ്രാകൃതമായി തൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ താൻ എന്നെ തിരിച്ചറിയുന്നില്ല അല്ലെ അദ്വൈതം ബോധിക്കുന്നത് വരെ ഒരുവൻ താൻ ദ്വൈതിയാണെന്ന് അറിയുന്നില്ല ഗുരുവന് ഒരു പാമ്പരനായ ഒരുവനെ സംബന്ധിച്ച് അദ്വൈതം ദ്വൈതം തുടങ്ങിയ കാര്യങ്ങൾ ചിന്തയ്ക്ക് വിഷയമേ അല്ല ഇവിടെ അദ്വൈതമായാലെന്ത് ദ്വൈതമായാലെന്ത് അവനെ സംബന്ധിച്ച് രണ്ടുപോലെയാണ് പക്ഷേ ഇവിടെ എന്താണ് വിചാരം മനനം നടക്കുന്നത് ആ മനനം നടക്കുമ്പോൾ ഈ ദ്വൈത ചിന്തകൾ പ്രാകൃതമായ ദ്വൈതചിന്തകൾ തൻ്റെ ഉള്ളിൽ വരും അതിന് സാഖ്യവും ആവശ്യമില്ല അതിനെ നിഷേധിക്കുന്നത് അതിനെ നിഷേധിക്കുന്നതിനുള്ള ചിന്ത അതാണിവിടെ സാഖ്യം തർക്കമെന്നുണ്ടെന്ന് പറയുന്നു അതെങ്ങനെ അതിനെ പരിഷ്കരിക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന പ്രാകൃതമായ ചിന്തകളെ പരിഷ്കരിച്ചതിന് സാഖ്യം തർക്കം എന്നെല്ലാം ദർശനങ്ങളാക്കി അതിനെ മാറ്റി അതിനെ നിരാകരിക്കുന്നു അപ്പം വിചാരം ചെയ്യുന്നവനത് ആവശ്യമായി വരും വിചാരം ചെയ്യാത്തവൻ അതിൻ്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ മൂഢൻ ആവശ്യമില്ല അദ്ദേഹം മൂഢന് വേണ്ടിയുള്ളതല്ല അത് സാധ്യമല്ല ശരി അങ്ങനെ വിചാരം ചെയ്യുന്നവന് വേണ്ടി ഈ സാങ്ക്യം ന്യായം തുടങ്ങിയ ആദേശങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അതെല്ലാം നമ്മൾ തന്നെ ചിന്തകളുടെ പരിഷ്കൃത രൂപങ്ങളാണ് അതൊക്കെ അംഗീകരിച്ചാലും എന്തിനാ ചർച്ച ചെയ്യണം അതിന്റെ പ്രയോജനം എന്താണ് ചർച്ച ചെയ്യുന്നതുകൊണ്ട് പറയുന്നു അതുകൂടെ ചർച്ച ചെയ്യുന്നത് താല്പര്യത്തോടെയല്ല താല്പര്യപൂർവ്വം ചർച്ചകളില്ല എന്നുവെച്ചാൽ അതാണ് മുഖ്യം അതിനെ മനസ്സിലാക്കി തരുക പഠിപ്പിക്കുക അത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്താണ് ഇത് കണക്ക് സയൻസും പോലെയല്ല നമ്മൾ കണക്കോ സയൻസോ പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് ശരിയായ അറിവുണ്ടാവണം അതില് പണ്ഡിതനാവണോ എന്നുള്ള രീതിയിലാണത് ഇവിടെ അങ്ങനെ അല്ല അത് ചർച്ച ചെയ്യുന്നത് അതിനെ ഗ്രഹിക്കുക പൂർണമായും എന്നുള്ള താല്പര്യത്തിലല്ല അതിന് ഇവിടെ പറഞ്ഞെന്താണ് അസ്മാവൻ അത് താർക്കികവ താത്പര്യണ താത്പര്യപൂർവ്വം ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് ശരിയാണ് ശ്രോതാവിന്റെ ഉള്ളിൽ ആ സിദ്ധാന്തങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് സ്വതേതന്നെ ഒരു ശാസ്ത്രവും പഠിക്കാതെ അവൻ ദ്വൈതബുദ്ധിയോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നുവെച്ചാൽ ഈ പ്രപഞ്ച സത്യത്വബുദ്ധിയിലാണ് ജീവിക്കുന്നത് ദേഹാത്മബുദ്ധിയിലാണ് ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും തന്നെ സഹജമായിരിക്കുന്നത് സ്വാഭാവികമായിരിക്കുന്നതിനോട് താല്പര്യം കൂടുതൽ വരും ഒരാൾക്ക് എന്താണ് സത്യം എന്നറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും സ്വാഭാവികമായും തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നക്കാൾ സത്യമെന്ന് വിചാരിച്ചു മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് സത്യമാണ് ഇതാണ് മനുഷ്യന്റെ പൊതുവെയുള്ള നിലപാട് ദ്വൈതം പ്രത്യക്ഷസിദ്ധമായിരിക്കേ അത് സത്യമാണെന്നൊരാൾ ചിന്തിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല തനിക്ക് പ്രത്യക്ഷമായതിനെ നമുക്ക് സത്യമൊന്നും കരുതാൻ കഴിയും അപ്പോ എന്തുവാ അവർക്ക് മുമുക്ഷക്കൾക്ക് അതിന് താല്പര്യം വരാൻ പാടില്ല തനിക്ക് പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഈ ദുവിതത്തിൽ അവർക്ക് ശ്രദ്ധയിൽ താല്പര്യം വരാൻ പാടില്ല ഇതാണ് പരമാർത്ഥവും ധരിക്കാൻ പാടില്ല പക്ഷേ അവർക്ക് എന്തിന് താൽപ്പര്യം വരണം വേദാന്താർത്ഥ തത്വം ഏകത്വ ദർശനം അവർക്ക് ശ്രുതി ബോധിപ്പിക്കുന്ന ഏകത്വ ദർശനത്തിൽ താല്പര്യം വരണം അതിനെന്താ തടസ്സം ഈ ദുവിതാനുഭവം തന്നെ ഈ ദുവിതത്തിലുള്ള പരമാർത്ഥബോധം തന്നെ അതിനെ നിരാകരിക്കുന്നു അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി ഇവിടെ അദ്വൈതി പറയുന്നത് അതിനു വേണ്ടിയിട്ട് തനിക്ക് പ്രത്യേകിച്ച് യജ്ഞത്തിന്റെ ആവശ്യമില്ല ദ്വൈതത്തെദ്വൈതം തന്നെ നിരാകരിക്കുന്നു അതെങ്ങനെ സാഖ്യൻ ദ്വൈതിയാണ് താർക്കികനും ദ്വൈതിയാണ് ഒരാണ്ടും പരസ്പരം നിഷേധിക്കുന്നു നീ പറയുന്നത് ശരിയല്ല എന്നൊരാൾ പറയുന്നു മറ്റാള് പറയുന്നു നീ പറയുന്നത് ശരിയല്ല അപ്പം ദ്വൈതം അങ്ങനെ പരസ്പരം നിഷേധിക്കപ്പെടുന്നു അത് മനസ്സിലാക്കിത്തരികയാണ് ഇവിടെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ പൂർവ്വപക്ഷ ചർച്ചയെന്ന് പറയുമ്പോൾ അതാണ് ദ്വൈതത്തെ അദ്വൈതിക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല അതിനാണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു ആമിഷാർത്ഥിന ആമിഷാർത്ഥികളൊന്നുവരുന്ന മൃഗങ്ങളും മറ്റുമാണ് ഒരു ഇരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന മൃഗങ്ങൾ അത് പരസ്പരം തന്നെ കടിച്ചു കയറി പരസ്പരം കൊല്ലും ഒരു ഇരയ്ക്ക് വേണ്ടി കടിപിടി കൂടുകയല്ല കാരണം രണ്ടുകൂട്ടർക്കും എന്താ വേണ്ടത് അന്യന്റെ മാംസമാണ് കാരണം മാംസം അതിന്റെ ഏറെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കടിച്ചു പരസ്പരം കടിച്ചു കയറി രക്തം കുടിച്ച് രണ്ടു കൂട്ടരും നശിക്കും അതുപോലെ ദ്വൈതികൾ പരസ്പരം തർക്കിച്ച് അവരെ നശിക്കുന്നു എന്ന് കാണിക്കുന്നേ ഉള്ളു അല്ലാതെ അദ്വൈതി ദ്വൈതികളടുത്ത് യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടില്ല കാരണം അവർ ഇതിനകം തന്നെ യുദ്ധം ചെയ്ത് പരസ്പരം നശിച്ചവരാണ് അതുകൊണ്ട് പറയുകയാണ് നോക്കുക ഇതാണ് ദ്വൈതം ആ ദ്വൈതത്തിലുള്ള പോരായ്മ ദ്വൈതികൾ തന്നെ പരസ്പരം എടുത്തു കാണിക്കുകയാണ് അപ്പൊ പരസ്പരം നിഷേധിച്ച് രണ്ടുപേരും അവിടെ ദുരിതം തന്നെ ഇല്ലാതാകുകയാണ് ആണ് ഇതര തർക്കിക സങ്കേതിത്യവും പരസ്പര വിരുദ്ധാർത്ഥ കൽപ്പനാദ ഇവരൊരാൾ പറയുന്നതിന് വിരുദ്ധമാണ് വേരാള് പറയുന്നത് ആമിഷാർത്ഥന ഇവ പ്രാണിന മാംസത്തിനുവേണ്ടി പരസ്പരം പോരടിക്കുന്ന മൃഗങ്ങളെപ്പോലെ പരസ്പരം പോരടിച്ച് നശിക്കുകയാണ് അന്യോന്യവിരുദ്ധ മാനാർത്ഥദൃശ്യ അവർ പരസ്പര വിരുദ്ധങ്ങളായ പ്രമാണങ്ങളും പ്രമേയങ്ങളും സ്വീകരിച്ചിട്ട് പരമാർത്ഥത്തൂരമേവ അപകർഷിക്കുന്നത് അവർ ഇങ്ങനെ പരസ്പരം പോരടിച്ചു കഴിഞ്ഞാൽ അവർ പരമാർത്ഥതത്വത്തിൽ നിന്ന് സ്വയം ദൂരേക്ക് അവർ വലിച്ചിഴയ്ക്കപ്പെടുന്ന പറയും പരമാർത്ഥത്തിനോട് അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല ഇതെടുത്ത് കാണിക്കുന്നേ ഉള്ളു അല്ലാതെ ശങ്കരായ കുറിച്ച് പറയല്ലോ ആക്ഷേപം ശങ്കരായ തർക്കികാനാണോ മറ്റുള്ളവരെയൊക്കെ തർക്കത്തിലൂടെ പരാജയപ്പെടുത്തി എന്നിട്ട് സർവജ്ഞപീഠം കയറിയ ആളാണോ അപ്പം അങ്ങനെ മറ്റുള്ളവരെടുത്ത് തർക്കിക്കുന്ന ഒരാളിനെങ്ങനെയാണോ ആത്മബോധം ഉണ്ടാകുന്നത് വലിയൊരാക്ഷേപമാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ആത്മബോധമുണ്ടാകുന്നത് സങ്കരത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണി ആക്ഷേപമാണ് സംഗ്രഹരുടെ തത്വം എന്തെന്ന് മനസ്സിലാക്കാത്തവർ പറയുന്ന ഒരു കാര്യമാണ് സംഗ്രഹർ ആരോടും തർക്കിച്ചിട്ടില്ല ആരോടും അങ്ങനെ ഒരു താർക്കിക വിരോധവും ഇല്ല പറയുന്നു പക്ഷെ തന്റെ കാണുന്നു തർക്കികന്മാരുടെ വിരോധം അവർ പരസ്പരം മല്ലടിക്കുന്ന കാണും താൻ അതിൻ്റെ കാഴ്ചക്കാരനായതുകൊണ്ട് താൻ അതിൽപ്പെടുന്നു താൻ സാക്ഷിയാണ് താൻ ആരോടും തർക്കിക്കുന്നില്ല ഈ നടക്കുന്ന തർക്കമൊക്കെ എന്താണ് അവരുടെ പരസ്പരമുള്ള തർക്കത്തെയാണ് ആ തർക്കത്തിന് താൻ സാക്ഷിയായിരിക്കുന്നു എന്നുള്ളതുള്ളൂ അതിനകത്ത് താൻ ഒരിക്കലും ദ്വീതികളെ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ദ്വൈതികൾ പരസ്പരം ആക്രമിച്ച് നശിച്ചവരാണ് ഇതാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കൊരിക്കലും ദ്വൈതികളെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഈ തർക്കങ്ങൾ കാണുന്നതോ പൂർവ്വപക്ഷം അതെല്ലാം അവരുടെ പരസ്പരമുള്ള തർക്കങ്ങളെ കാണിക്കുകയാണ് അല്ല താൻ ആരോടും തർക്കിക്കുന്നതല്ല സംഖ്യൻ നയ്യായകനോട് തർക്കുന്നു നയ്യായകൻ സംഖ്യനോട് തർക്കിക്കുന്നു അവസാനം പറയുന്നു നീ പറയുന്നത് ശരിയല്ല മറ്റുള്ളവർ പറയുന്നു നീ പറയുന്നത് ശരിയല്ല ഇങ്ങനെ പരസ്പരം തർക്കിക്കുകയാണ് അദ്വൈത ബോധത്തിൽ തർക്കമില്ല അത് നിശ്ചയാത്മികമായ ബോധം ബുദ്ധിയാണ് അതാണ് താൻ വെളിപ്പെടുത്തുന്നത് ബാക്കിയുള്ളതെല്ലാം അവരുടെ തർക്കത്തെ കാണിച്ചു തരുകയാണ് അല്ല താൻ തർക്കിക്കുന്നതല്ല എന്നാണ് എന്നാണ് ദർശിത്വ പരമാർത്ഥത്വഅ അദ്വുരമേ അപകക്ഷിന്ത അത തന്മതം അനാത്തിരത്തി അതുകൊണ്ട് പറയുന്നു എനിക്ക് അവരുടെ തർക്കത്തിൽ യാതൊരു താല്പര്യമില്ല അവരെ തർക്കിച്ച് കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹവും ഇല്ല അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ഉദാസീനനാണ് പറയും അതിൻ്റെ എനിക്ക് ശ്രദ്ധയില്ല താല്പര്യമില്ല എനിക്ക് ശ്രദ്ധേയതിലുള്ളത് അദ്വൈതത്തിലാണ് എൻ്റെ താല്പര്യം എന്താണ് ആ ശ്രോതാവിനെ അദ്വൈത ബോധത്തിൽ ഉറപ്പിക്കുക പിന്നെ അങ്ങനെ ഉറപ്പിക്കുക ശ്രമിക്കുമ്പോൾ അതിനുള്ളിൽ വകല്പങ്ങളുണ്ടാകും ആ വികല്പങ്ങളെന്ന് പറയുന്നത് സാങ്കേനും താർക്കികനും എല്ലാം പരിഹരിച്ച കാര്യങ്ങളാണെന്ന് അവനെ ബോധിപ്പിക്കുന്നു ഉള്ളൂ അത് വിശേഷിച്ച് നിനക്കൊന്നും ചെയ്യാനല്ല എനിക്കൊന്നും ചെയ്യാനില്ല ആ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം വന്നു കഴിഞ്ഞാൽ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാണ് അതുകൊണ്ട് അവരുടെ താൽപ്പര്യങ്ങളിൽ അവരുടെ സിദ്ധാന്തങ്ങളിലൊന്നും യാതൊരു താൽപ്പര്യം എനിക്കില്ല മനസ്സിൽ വേദാന്താർത്ഥ തത്വം ഏകത്വ ദർശനം പ്രതി ആദരബന്ധവും മോക്ഷവ സിഹോ പിന്നെ എവിടെയാണ് ശ്രദ്ധ വരേണ്ടത് ഇത് വേദാന്താർത്ഥ വേഗത്വദർശനം അതിലാണ് എന്റെ താല്പര്യം മൂഷുകൾക്കും അതിന് താല്പര്യം വരണം ഇത് താർക്കിക മതദോഷ പ്രദർശനം അങ്ങനെയാണ് ഇവിടുത്തെ ഈ താർക്കിക മതദോഷത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ രാഗദ്വേഷങ്ങളും കൊണ്ടല്ല തൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് മത്സരിക്കുകയും ബുദ്ധി കൊണ്ട് ആണെങ്കിലും ശരി മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയൊക്കെ ചെയ്യുന്ന ആളിൽ എന്താണ് രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലേ മറ്റുള്ളവരുടെ ദോഷത്തെ കുറിച്ച് പറയുന്ന ആൾ ഉള്ളിൽ ദോഷമുള്ള ആളല്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്വൈതിയെ സംബന്ധിച്ച് ഉന്നയിക്കേണ്ട കാര്യമില്ല അദ്വൈതിക്ക് ആത്മതത്വത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ പിന്നെ ആ ദോഷത്തെ കാണിക്കുന്ന ഇതാണ് മൂക്ഷുക്കൾ വഴിതെറ്റരുത് അങ്ങനെ സംഭവിക്കാറുണ്ട് സാധാരണ ലോകനീതിയിലും ധർമ്മത്തിലും അങ്ങനെ തന്നെയാണ് അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നത് എന്തുകൊണ്ട് അതിനുള്ള താല്പര്യം വന്ന് അതിൻ്റെ പുറകെ പോയി ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അതുപോലെ താർക്കിക മതങ്ങളിൽ ദോഷമുണ്ട് എന്ന് പ്രദർശിപ്പിക്കുന്ന ഇവിടെ കാനത് കാണിക്കുന്ന ഇവിടെ ദോഷം പറയാനുള്ള താല്പര്യം അവരെ എതിർത്ത് പരാജയപ്പെടുത്താനുള്ള താല്പര്യം മുമക്ഷുവിന് അദ്വൈതത്തിൽ നിഷ്ഠയുണ്ടാവണം അതിലേക്ക് ശ്രദ്ധ അത് ദോഷമുള്ളതാണ് അങ്ങോട്ട് പോകരുത് കള് കുടിക്കരുതെന്ന് പറയും പോലെ ഉള്ളു അത് കഴിഞ്ഞാൽ തെറക്കം വരും കുടിക്കരുത് ബുദ്ധി നശിച്ചു ബുദ്ധിയുടെ വിചാരശേഷി നഷ്ടപ്പെട്ടു അതുകൊണ്ടത് പാടില്ല എന്ന് പറയുന്നവരേ ഉള്ളൂ അല്ലാതെ കുടിക്കില്ലായെന്ന് പറഞ്ഞതുകൊണ്ട് ഇയാളിത് കുടിച്ച് ഇയാളുടെ തല കറങ്ങി അതിന് ശേഷമാണിതൊക്കെ പറയുന്നതെന്ന് കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇല്ലല്ലോ മറ്റുള്ളവരുടെ കറക്കം കണ്ടാലും പറയാം അത് കുടിക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിയെ നശിപ്പിക്കും അതിൻ്റെ ദോഷത്തെ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് തന്നിൽ ദോഷമുണ്ടെന്നർത്ഥമില്ല ആ പറയുന്നു അതാണ് തർക്കി ഉമത ദോഷ പ്രദർശനം അത് കുറച്ച് ഞാൻ ഇവിടെ പറഞ്ഞു അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് കിഞ്ചതുച്ചതെന്ന് പറയുന്നു അസ്മാ തൻ്റെ സ്വന്തം കാര്യം തന്നെ പറയുന്നു ഞാനിവിടെ കുറച്ചാൽ പൂർവപക്ഷങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല അത് മൂഷുക്കളെ ശരിയായ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോകനീതി ലോകനാണ് അരുതെന്നും പറയും ആകാമെന്നും പറയും ചില കാര്യങ്ങൾ അരുതെന്ന് പറയുന്ന എന്തുകൊണ്ടില്ലെങ്കിൽ ആ വഴിക്ക് പോകും കൊച്ചു കുഞ്ഞിനോട് പറയുന്ന എന്താണ് നീ അഗ്നിയെ സ്പർശിക്കരുത് എന്തിനു പറയുന്നില്ലെങ്കിൽ അവ സ്പർശിച്ച് സ്പർശിച്ച് അപ്പോൾ വേദന അപ്പം അതരുതെന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഇരുന്നുകൊണ്ടാണോ അത് പറയുന്നത് അഗ്നിയോട് എനിക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ടാണോ പറയുന്നത് അല്ല കുഞ്ഞിനു കൊള്ളാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പൊ അരുതെന്ന് പറയേണ്ടടുത്തത് പറയണം ആകാം എന്ന് പറയേണ്ടത് അത് പറയും വേണം അത് തൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഇരിക്കുന്നുകൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കരുതെന്നാണ് പറയുന്നത് ശങ്കരാഹാരനെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ സ്വയം തന്നെ മാറ്റിത്തരികയാണ് താർക്കിക്കാനാണ് അതുകൊണ്ട് ബോധം ഉണ്ടായിരുന്നില്ല ഇതത്ര ഉക്തം ഇത് തൻ്റെ പേര് കണ്ടുപിടുത്തമോ അങ്ങനെ പറയുന്നില്ല പലപ്പോഴും നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട് ശങ്കരാരുടെ ഏറ്റവും വലിയൊരു മഹത്വമായി പറയുന്നതാണ് എന്ത് പറയുന്നത് പ്രമാണങ്ങളെ ആസ്വരിച്ചുകൊണ്ട് പറയുന്നു ഏത് കാര്യം പറഞ്ഞാലും ആത്മാവിനെക്കുറിച്ച് പറഞ്ഞാലും ശരി പറഞ്ഞാലും ഇതൊക്കെ എന്റെ അനുഭവമാണോ എനിക്കിത് ആകാശത്തുനിന്ന് പൊട്ടി വീണ് കിട്ടിയതാണ് അങ്ങനെ ഒരിടത്തും പറയത്തില്ല അതിന്റെ പ്രാമാണികതയെ കാണിച്ചു കൊണ്ട് തന്നെ എന്തെങ്കിലും ശങ്കരകാർക്ക് ഇത് പറയാനുള്ളത് നമുക്കറിയാം ശങ്കരകാര് പറയുന്ന ഈ ദർശനമൊന്നും അതുപോലെ വ്യക്തമായൊന്നും ഭാരം തന്നെ പറഞ്ഞിട്ടില്ല ഇത്രയും വിപുലമായ ഭാഷയത്തെ കാണുന്ന ഈ ആശയങ്ങൾ അതിനൊന്നുമ്പോ ഒരു ഭാഷയത്തിനും കണ്ടിട്ടില്ല അതിന്റെ ചില സൂചനകളേ ഉള്ളു അതിത്രയും വളരെ വ്യക്തമായി വളരെ ദൃഢമായി സ്വയം പറഞ്ഞിട്ടും ഒരിക്കലും അത് എൻ്റെ വെളിപാടാണ് എൻ്റെ ദർശനമാണെന്ന് ശങ്കരാകാര്യ ഒരിടത്തും പറഞ്ഞില്ല പറയുന്നേക്ക് എന്താണത് ശ്രുതി പറഞ്ഞു അല്ലെങ്കിൽ പൂർവാചാര്യന്മാർ പറഞ്ഞു ഏത് കാര്യം പറഞ്ഞാലും ശ്രീ അതിൻ്റെ ഉടമസ്ഥത സ്വയം ഏറ്റെടുക്കുന്നുണ്ട് കർത്തൃത്വം തന്നിലെടുക്കുന്നുണ്ട് പക്ഷെ വാസ്തവത്തിലത് തന്നിലാണ് ആ വ്യക്തത എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരാചാര്യന്മാരിലും കാണാൻ കഴിയില്ല സംഗ്രഹരിൽ കാണുന്ന ആ വ്യക്തത പക്ഷെ എന്നിട്ടും പറയുന്നെന്താണോ അത് ശ്രുതിയുടെ ആണോ ഈ ഭാഷയും കൂടാതെ ശ്രുതി വായിക്കുന്നവർക്ക് അർത്ഥം എന്തെങ്കിലും തോന്നോ ഒരിക്കലും തോന്നത്തില്ല അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചും ിരുന്ന ആചാര്യമല്ല അഥ എത്രിപ്പണം ശ്രുതിയുടെ താൽപ്പര്യത്തെ അറിയുന്നവൻ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു ആത്മബോധത്തെ അംഗീകരിച്ചിരിക്കുന്നവൻ അവനെ സ്വീകരിച്ചിരിക്കുന്നവരുവൻ അവനെന്താണ് സുഖം നിർവാദി അവൻ സുഖമായി അനായാസമായി അവൻ നിർമാണത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ ഈ തത്വത്തെ പ്രസംഗിക്കുന്നവൻ നിർവ്വാണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് തത്വത്തെ പറയുന്ന വേദ തത്വം ഇത് ഇവിടെ ആണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും വിപുലമായ ഭാഷയങ്ങൾ രചിക്കുമ്പോൾ അവിടെ എന്തുമാത്രം ചിന്താവശ്യമാണ് അപ്പോൾ അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ യോഗികളും മറ്റുള്ളവരും ഒക്കെ പറയുന്ന പോലെ ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർവ്വാണമില്ല മോക്ഷമില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന് പറയാറില്ലേ മനസ്സ് ചലിക്കാൻ പാടില്ല മനസ്സ് നിശ്ചലമാകണം അതാണ് നിർവാണം എന്നൊക്കെയാ പറയുന്നു പൊതുവെ പറഞ്ഞു വരുന്നു അങ്ങനെ പറയുന്നത് തെറ്റെന്ന് തന്നെ പറയുന്നു യോഗിയതാ യോഗിയുടെ നിർമ്മാണം എന്ന് പറയുന്ന മനസ്സ് നിശ്ചലമാകുന്നതാണെന്ന് വെച്ചാൽ അതിന് വളരെ പരിശ്രമിച്ച് രാവും പകലും പരിശ്രമിച്ച് ചിത്തി ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ച് നിരോധിച്ചാൽ പിന്നെ ചിത്തമില്ലല്ലോ നിശ്ചലമായി സമാധിയിൽ നിർവ്വാണത്തെ അനുഭവിക്കുന്നു അങ്ങനെയാണ് യോഗി പരിശ്രമിക്കുന്നത് സുഹൃത്തി അവിടെയും ചിത്തം വിശ്രമിക്കുന്നു അവിടെ സഹജസുഖത്തെ സുഖത്തിൽ സ്ഥിതി ചെയ്യുന്നു അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും സുഷൃക്തി അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം അവിടെ അനുഭവമില്ല അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് സ്വരൂപം തന്നെയാണ് എന്നാലും നമ്മൾ പറയാറുണ്ട് സുഷുതി അനുഭവിച്ചു അതുപോലെ പറയുന്നു സമാധിയിൽ ചിത്തം മടങ്ങി അത് സാണ് പറയാറ് അത് യോഗികളെ സംബന്ധിച്ചതൊക്കെ ശരിയാണ് ഒരു ഒരാൾ ഏത് സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കുന്നുവോ ആ സാധനാ മാർഗ്ഗത്തിലൂടെ അയാൾ എത്തിച്ചേരുന്ന സിദ്ധി അത് ആ വ്യക്തിയെ സംബന്ധിച്ചത് ശരിയാണ് അല്ല അത് ആക്ഷേപിക്കുകയല്ല യോഗഅസംബന്ധമെന്നോ സമാധി അസംബന്ധമെന്നോ പറയുന്നത് തന്നെ ഇവിടെ അദ്വീതിയുടെ നിലപാട് പറയുന്നു അത്വൈര്യം എന്താണ് വേദവിത് വേദ താൽപ്പര്യത്തെ അറിയുന്നവൻ അനായാസമായി നിർവ്വാണത്തെ പ്രാപിച്ചിരിക്കുന്നു അതെങ്ങനെ പറ്റുന്ന നിങ്ങളെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ പറയുന്നു എന്താണ് വിവിധ സ്വീക നിക്ഷിപ്യ വിരോധോത്ഭവ കാരണം ഈ വകല്പങ്ങൾ ഇതാണല്ലോ പരസ്പരമുള്ള സംഘടനമെന്ന് പറയുന്ന ഈ വികല്പങ്ങളാണ് മനസ്സിന്റെ വികല്പങ്ങളാണ് ഒരാൾ പറയുന്നത് അതാണ് ശരി വേറെ ആൾ പറയുന്നത് അതല്ല ശരി ഒരാൾ പറയുന്നു പുരുഷൻ കർത്താവാണ് വേറെ ആൾ പറയുന്ന അല്ല പുരുഷൻ ഭോക്താവാണ് തർക്കികന്മാർ പറയും പുരുഷൻ കർത്താവാണ് സംഘം പറയുന്നതല്ല ഭോക്താവാണ് ഈ മത്സരം ബൗദ്ധികമായിട്ടുള്ള പരസ്പരമുള്ള യുദ്ധം ഇത് സംഭവിക്കുന്നത് ഇതിനെന്താ കാരണം വിരോധോദ്ഭവ കാരണം എന്താണ് അവിടെ ഭേദബുദ്ധിയാണ് ഭേദബുദ്ധിയാണ് അത് എവിടെ വിവിധ സേവ നിക്ഷിപ്പിക്കുക എവിടെയാണോ ഈ വിവാദങ്ങൾ നടക്കുന്നത് തർക്കങ്ങൾ നടക്കുന്നത് അത് അവിടെയാണ് ഭേദബുദ്ധി അവിടെയാണ് നടത്തുന്നത് എന്നുവെച്ചാൽ ഈ തർക്കങ്ങളെല്ലാം നടക്കുന്നത് ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ് ഭേദബുദ്ധി ആശ്രയിച്ച തർക്കങ്ങൾ നടക്കത്തുള്ളൂ പദ്ധതിയോ അദ്വൈതി തർക്കിക്കുന്നതിന് ഇല്ല എന്തുകൊണ്ട് അദ്വൈതി അഭേദ ബുദ്ധി ആശ്രയിച്ചിരിക്കുകയാണ് പരമാർത്ഥബുദ്ധി ആശ്രയിച്ചിരിക്കുകയാണ് അവന് വിവിധ സേവ അവൻ മനസ്സിലാക്കുന്നു എന്താണോ ആ പരമാർത്ഥബുദ്ധിയിലല്ല വിവാദങ്ങൾ നടക്കുന്നത് തർക്കങ്ങൾ നടക്കുന്നത് പരമാർത്ഥബബുദ്ധി എന്താണ് തന്റെ നിശ്ചിതമായ ബുദ്ധി അപ്പോൾ തന്റെ നിശ്ചിതമായ ബുദ്ധിയെ ഈ തർക്കങ്ങൾ വിവാദങ്ങൾ ഇളക്കുന്നില്ല നടത്തും അദ്വൈതത്തെ സംബന്ധിച്ചെന്താണ് അതിന്റെ താൽപര്യത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ പരമാർത്ഥബുദ്ധിയെ വേറെ രീതിയിൽ പറയാം ഇത് തന്നെ പരമാർത്ഥ ബുദ്ധിയെ വ്യവഹാരം ബാധിക്കുന്നില്ല അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്വൈത ബുദ്ധിയെ ദ്വൈത ബുദ്ധി ബാധിക്കുന്നില്ല അത് രണ്ടും രണ്ട് തലത്തിലാണ് ഒന്ന് അദ്വൈത ബോധം പരമാർത്ഥബോധം മറ്റൊന്ന് ഇതിനെന്തു പറയും ഈ തർക്കവിതർക്കങ്ങളെ വ്യവഹാരം അത് ബുദ്ധിയുടെ മറ്റൊരു തലം അതിന് അദ്വൈതബോധത്തെ സ്പർശിക്കാനേ പറ്റില്ല അതുകൊണ്ട് പറയുന്നു തേഹി സംരക്ഷിത സദ്ബുദ്ധി അത് സദ്ബുദ്ധിയെ ഇളക്കുന്നില്ല എന്നത് സദ്ബുദ്ധി എന്ന് പറയുന്നു പരമാർത്ഥബോധം അപ്പം പരമാർത്ഥബോധവും ദ്വൈതബോധവും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒന്നല്ല ദ്വൈതബോധങ്ങൾ പരസ്പരം ഏറ്റുമുട്ടും പരമാർത്ഥബോധത്തെ അത് സ്പർശിക്കുന്നേയില്ല മറിച്ച് വേണമെങ്കിൽ പറയാൻ ഈ പരമാർത്ഥ ബോധത്തെ അത് സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാം ദ്വൈതം അദ്വൈതത്തെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പറയാം എന്നുവെച്ചാൽ അദ്വൈതത്തെ ഉപദ്രവിക്കാൻ ദ്വൈതത്തിന് കഴിയുന്നില്ല ഇപ്പൊ ബാഹ്യമായ മാനസികമായ ദ്വൈത വ്യവഹാരങ്ങൾ എന്ത് തന്നെ ആയാലും ശരി അത് അദ്വൈതബോധത്തെ ബാധിക്കുന്നില്ല എന്നാണ് അതിന് കഴിയത്തില്ല അദ്വൈതബോധത്തെ ബാധിക്കാൻ കഴിയും അപ്പൊ പരസ്പരം ബാധ്യ ബാധക ഭാവം വരുന്ന ദ്വൈതബോധത്തിന്റെ തലത്തിലാണ് അതാണ് തെഹി സംരക്ഷിത സദ്ബുദ്ധി സുഖം നിർവാധി വേദബോധം അനായാസമായി വേദബോധ ശ്രുതി താല്പര്യത്തെ അറിയുന്നവൻ നിർവണത്തിന് സ്ഥിതി ചെയ്യുന്നു നിർവ്വാണം അനായാസമായി അവന് സംഭവിച്ചിരിക്കുന്നു ബുദ്ധിയുടെ ബാഹ്യമായ ബഹർമുഖങ്ങളായിരിക്കുന്ന വ്യാപാരങ്ങൾ എന്തു തന്നെയും ശരി അത് ആന്തരികമായ തത്വനിഷ്ഠയെ ബാധിക്കുന്നുണ്ട് ഇതുതന്നെ വേറെ പറയുന്നു പശു അതിവിശേഷ തത്വജ്ഞാനി പശുക്കളെപ്പോലെയാണെന്ന് പറയുമ്പോൾ മൃഗങ്ങളെപ്പോലെയാണെന്ന് പറയുമ്പോൾ തത്വജ്ഞാനത്തെ ഒഴിവാക്കിയിട്ടില്ല പറയുന്നു തത്വബോധം പരമാർത്ഥബോധം ആളിരിക്കുന്നു ബോധിച്ചോൾ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നു അയാൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു ആ പരമാർത്ഥബോധമാണെങ്കിൽ ബോധം വേകമായി തന്നെ ഇരിക്കണ്ടേ ആ ബോധത്തിന് മാറ്റം വരാമോ അയാൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ബുദ്ധി പലതായി മാറിപ്പോകുന്നില്ലേ അയാൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കാണുമ്പോൾ അയാളുടെ ബുദ്ധി അതിനെയൊക്കെ ഗ്രഹിക്കുകയല്ലേ അപ്പോൾ അയാൾ ആത്മാവിനെയാണോ ഗ്രഹിക്കുന്നത് അയാൾ ദ്വൈതത്തെ അല്ലേ ഗ്രഹിക്കുന്നത് അവിടെ അദ്വൈതബോധം ഇനി അയാളുടെ ഉണ്ടായിന്ന് പറഞ്ഞാൽ അത് അദ്വൈത ബോധം കൊണ്ട് അയാൾ നിർവ്വാണത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും ഇത് വേറെ തരത്തിൽ വരണം ഇവിടെ ഈ പറയുന്ന കാര്യത്തെ അതിന്റെ പൂർണമായി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതീ പറയുന്ന ഒരു സമസ്യക്കും സമാധാനമാണ് നിങ്ങൾ അദ്വൈതത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു നിങ്ങളെന്നുള്ള എന്താ ആരായാലും പററുണ്ട് എനിക്ക് അദ്വൈതത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായി പക്ഷെ അടുക്കളയിൽ പോയി കഴിഞ്ഞപ്പോ ആ ബോധം പോയി അവിടത്തെ അവിടുത്തെ ബോധം വന്നു അദ്വൈതബോധം നശിച്ചുപോയില്ലേ എന്നാ അദ്വൈതബോധം സ്ഥിരമാനിക്കുന്നുണ്ടോ ഞാനിപ്പോ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീരുന്നതുവരെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെയാണ് ഇവിടെ അർജു ചെയ്ത പോകുന്നത് എന്റെ മനസ്സല്ലതല്ല അതുകൊണ്ട് എന്താണ് ഇതെല്ലാം മനസ്സിൽ നിന്ന് പോയിട്ട് അതിനെന്താ വഴി സമാധി ഇരിക്കുക എന്താ സമാധി അതറിയത്തില്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ട് കാരണം അറിയത്തില്ല എന്ന് പറയുന്ന എന്തുകൊണ്ട് താനിപ്പോൾ സമാധിയില്ലല്ലോ സമാധി ഇരിക്കുന്നു അല്ലേ അതറിയാൻ പറ്റും പിന്നെ അറിഞ്ഞുകൊണ്ടിരുന്ന അതോട്ട് സമാധി ആകത്തില്ല അതിനകത്തുകൊണ്ട് ഒരുപാടൊന്നുമില്ലാന്നു എന്തായാലും ഇതല്ല ഇതിൽ നിന്നെല്ലാം പോകണം മനസ്സ് ഇങ്ങനെ അദ്വൈത ബോധത്തെ നശിപ്പിക്കുന്ന വികാര വിചാരങ്ങളൊന്നും മനസ്സിൽ കടന്നു വരാൻ പാടില്ല അദ്വൈത ബോധത്തിൽ തന്നെ ഇരിക്കുന്നു ഉള്ളിൽ നല്ല ഒരു ടോർച്ച് അടിച്ചതുപോലെ ഒരു പ്രകാശം ഇപ്പോഴും അതാണ് അദ്വൈതബോധം അ പലരും പറയാറുണ്ട് ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കണെങ്കിലും എന്റെ ഉള്ളിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ ശിഷ്യൻ മാ വിളിച്ചു ഉള്ളിലൊരു ലൈറ്റ് പുറമേ വേറെ പല ലൈറ്റുകളും ആള് അപ്പൊ ആ ഒരു സാധനമാണ് എന്നു കരുത് ശുദ്ധാസംബന്ധങ്ങളാണ് ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നത് മനസ്സിലൊരു ബോധം വരുമ്പോ മറ്റൊരു ബോധത്തിനവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടെണ്ണം നിന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളമ്പാറി അഡ്മിറ്റ് ചെയ്തോളും ആകെ കുഴഞ്ഞു പോകും ആണ് അവർക്ക് സംശയം വരുന്നത് ഇപ്പൊ പകലാണോ രാത്രിയാണോ ഒരേ സമയം രണ്ടു ബോധം കടന്നു വരും മനസ്സിലാകും നിൽക്കത്തില്ല പിന്നെ അദ്വൈത ബോധത്തിന്റെ പ്രയോജനം എന്താ ഇവിടെ പറയുന്നു എന്താണ് ഭേദബുദ്ധിയെ ആ ഭേദബുദ്ധിയുടെ സ്ഥാനത്ത് തന്നെ നിർത്തിയിട്ട് സ്ത്രീ സദ്ബുദ്ധി അത് തന്നെ സംരക്ഷിച്ചിരിക്കുന്നു ആ സദ്ബുദ്ധിയെ ആശ്രയിച്ച് തത്വവിത്ത് സുഖം അനായാസമായി പ്രാപിച്ചിരിക്കുന്നു അപ്പൊ അതെങ്ങനെയാ ഇപ്പോൾ തത്വബോധം പരമാർത്ഥബോധം ഒരിക്കലും നശിക്കുന്നെൻ്റെ അപ്പം എന്താ ഒരു സമയം രണ്ട് ബോധം കാണു ഞാനിപ്പോൾ വിചാരം ചെയ്യുന്നു സംസാരിക്കുന്നു എന്റെ ബുദ്ധിയിൽ എന്തെല്ലാം പ്രവർത്തികൾ നടക്കുന്നു അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാം നടക്കുന്നു അതിനനുസരിച്ചെല്ലാം ബുദ്ധിവൃത്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവകാശപ്പെടുകയാണ് എന്നിന് നശിക്കാത്ത തത്വബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും അങ്ങനെ ഒരാൾക്ക് അവകാശപ്പെടാം തത്വബോധം നശിക്കുന്നില്ല അവിടെ നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് തത്വബോധത്തെ സംബന്ധിച്ച് ശരി ആദ്യം മനസ്സിലാക്കണം എന്താണ് ദേഹാത്മബുദ്ധി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ സന്ദർഭത്തിൽ അത് വേറെ രീതി പറയുന്ന ദേഹാത്മബുദ്ധി നശിക്കുന്നു എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നു ഒരാൾ പറയുന്നു ദേഹാത്മബുദ്ധി നശിക്കുന്നു പിന്നെ പറയുന്നു പശുവാതിപിശേഷ മൃഗങ്ങളെപ്പോലെ ദേഹബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അവിടെ എന്താ ദേഹബുദ്ധിയെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദേഹബുദ്ധി ഇതല്ല പരമാർത്ഥം എന്ന് ബോധിക്കുന്നു എന്നേ ഉള്ളൂ തന്നർത്ഥം അല്ല ഒരാള് ഈ ദേഹത്തോടുകൂടിയിരിക്കുമ്പോൾ ദേഹം എന്നുള്ള ബോധം നശിക്കത്തില്ല ബോധമില്ലാതിരിക്കണം ഉറക്കത്തിൽ പോകണം അല്ലെങ്കിൽ സമാധിയെ ശരിച്ചിട്ട് അവിടെ പോകണം ഈ ബോധം അവിടെ വര വരരുത് എവിടെ ആയാലും കൊള്ളാം അത് ഉറപ്പായാലും കൊള്ളാം സമാധി ആയാലും കൊള്ളാം പിന്നെ സമാധി പോയാൽ അത് അങ്ങനെ പോകുമോ അതൊന്നും ആർക്കും ഉറപ്പുള്ള കാര്യമില്ല സമയാതെ കുറിച്ച് പറയുന്നതല്ലാതെ അങ്ങനെ കണ്ടിട്ട് കണ്ടെത്തിയവരൊക്കെ ചുരുക്കമാണ് അത് ഓരോരുത്തരുടെ അവകാശവാദങ്ങളാണ് മറ്റൊരാൾക്ക് അത് തെളിയിക്കാൻ പറ്റത്തില്ല ഉറക്കം അങ്ങനെയല്ല എല്ലാവരുടെയും അനുഭവമാണ് അവിടെ ദേഹബുദ്ധി ഇല്ല അതുകൊണ്ട് പറയും ഇവിടെ അധ്യാസമില്ല ഇപ്പൊ ജാഗ്രത അങ്ങനെയല്ല ദേഹബുദ്ധിയോടു കൂടിയേ ഇരിക്കും പക്ഷെ അവിടെ എന്താണ് സത്യമല്ല എന്നുള്ള ബോധം അത് സംഭവിക്കുന്നത് പോലെ തന്നെ അദ്വൈതബോധത്തിൽ പരമാർത്ഥബോധത്തിൽ അദ്വൈതബോധം സത്യമല്ലയെന്ന് ബോധിക്കുന്നു അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിനപ്പുറം തത്വജ്ഞാനത്തെ ആർക്കും വിശദീകരിക്കാൻ സാധ്യമല്ല അല്ലാതെന്തെങ്കിലും പറഞ്ഞാൽ പറയും അതെന്റെ അനുഭവമാണ് നിനക്കില്ലാത്ത ആണെന്ന് പറയും അത് മനുഷ്യനെ ഉള്ളിയാക്കാനെ അത് ഉപകരിക്കും മനുഷ്യ തത്വബോധം എന്താണ് ഈ ദ്വൈതബോധം പരമാർത്ഥമല്ല എന്നുള്ള ബോധം ശരി ദ്വൈതബോധം പരമാർത്ഥമല്ല എന്നുള്ള ബോധം അതെപ്പോഴും നിൽക്കണ്ടേ അതെപ്പോഴും ഉണ്ട് കാരണം ഒരു വസ്തുവിനെ ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അതിനെ യഥാർത്ഥമായി വിനയിച്ചു കഴിഞ്ഞാൽ അത് ആ അറിവ് യഥാർത്ഥമാണെങ്കിൽ അതിന് ബാധ സംഭവിക്കത്തില്ല രജ്ജുവിൽ സർപ്പബുദ്ധിയുണ്ടായാലും അതിന് ബാധ സംഭവിക്കുന്നു ഇത് സർപ്പമല്ല രജ്ജുവിൽ രജ്ജുബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ബാധ സംഭവിക്കത്തില്ല എന്തുകൊണ്ടത് പരമാർത്ഥമാണ് ആപേക്ഷികമാണെന്നേ ഉള്ളൂ ഓരോരാളെ സംബന്ധിച്ചിടത്തോളം താൻ ദേഹമാണെന്നുള്ള ബുദ്ധി അത് ബാധിച്ചു കഴിഞ്ഞു പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ബാധ സംഭവിക്കത്തില്ല നാശം എന്നുള്ള പറയേണ്ടത് അതിനും ബാധ സംഭവിക്കുന്ന എങ്ങനെ സംഭവിക്കണം ആ ഇത് സർപ്പമല്ല രജ്ജു ആണ് എന്നറിഞ്ഞതിനു ശേഷം ഓ ഇത് രജുവല്ല എന്ന് രജുവിൽ ഒരു ബോധം ഉണ്ടാകത്തില്ല തൻ്റെ മുമ്പിലുള്ളത് രജ്ജു ആണെങ്കിൽ അവിടെ എന്ത് ബോധമേ ഉണ്ടാകത്തുള്ളൂ ഇത് രജ്ജു ആണ് എന്നേ ബോധമുണ്ടാകത്തുള്ളു എന്തുകൊണ്ട് ജ്ഞാനം വസ്തുതന്ത്രമാണ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് കടത്തു തന്ത്രമല്ല വസ്തു എങ്ങനെ അതനുസരിച്ചേ ബോധമുണ്ടാവും അപ്പോ ഇവിടെ തന്നെ സംബന്ധിച്ചെന്താണോ തന്നെ പരമാർത്ഥം എന്തോ ആ പരമാർത്ഥത്തിന് അനുസരിച്ചാണ് തന്നെ ബോധം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന് ബാധ സംഭവിക്കില്ല ഒരിക്കലും അതാണ് നശിക്കില്ലെന്ന് പറയുന്നത് താൻ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അല്ല തന്റെ സ്വരൂപം അതല്ല ഈ ശരീരമാണ് എന്ന് രണ്ടാമതൊരു ബോധം വരില്ല എന്തുകൊണ്ട് അതിനെ ബാധിച്ചു കഴിഞ്ഞു ബാധിച്ചിട്ടാണ് ഈ ബോധം ഉണ്ടായത് സർപ്പമാണ് എന്നുള്ള ആ ബോധത്തെ ബാധിച്ചിട്ടാണ് രജ്ജു എന്നുള്ള ബോധം ഉണ്ടായത് അതുപോലെ തന്റെ യാഥാർത്ഥ്യത്തെ ഒരാൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വിചാരത്തിലൂടെ അല്ലെങ്കിൽ ശ്രവണത്തിലൂടെ പിന്നെ അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അത് വസ്തുവാണ് അത് പരമാർത്ഥമാണ് പരമാർത്ഥത്തിനനുസരിച്ചാണ് ബോധം ഉണ്ടായത് ആ ബോധത്തെ ബാധിക്കാൻ വഴിയില്ല എന്തിനെ ആശ്രയിച്ചു പിന്നെ ഒരു ബോധം ഉണ്ടാകും അതിനെ ബോധിക്കുന്നതിനുള്ള പ്രമാണങ്ങളില്ല കാരണം പ്രമ ഉണ്ടാകണമെങ്കിൽ പ്രമാണം വീണു അതിനെ ബാധിക്കുന്ന ഒരു പ്രമാണം ലഭ്യമല്ല അങ്ങനെ ഒരു പ്രമുണ്ടാകത്തില്ല അതുകൊണ്ടെന്നാണ് ഒരുവന്റെ ആത്മബോധം എന്ന് പറയുന്നത് അബാധിതമാണ് നിത്യമാണ് പിന്നെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അത് മാറിക്കൊണ്ടേ മനസ്സുകളോട് തോന്നും കാരണം അതേതെങ്കിലും ഒരു വിചാരത്തെ മനസ്സിൽ നിലനിർത്തുന്നതിനായാലും ആത്മബോധമെന്ന് പറയുന്നു കാരണം മനസ്സിന് മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താണ് അത് സദാപരിണാമിയാണ് അവിടെ ഏതെങ്കിലും ഒരു വിചാരത്തെ നമുക്ക് നിർത്താൻ പറ്റില്ല കുറച്ച് സമയം പറ്റും അതിനാണ് ഉപാസന എന്ന് പറയുന്നത് പക്ഷെ സദാ ഒരു വിചാരത്തിൽ നിക്കത്തിന് മാറിക്കൊണ്ടേയിരിക്കും അപ്പം അതിനെ മനസ്സിന്റെ സ്വഭാവത്തെ മാറ്റുന്നതല്ല ബോധം പരമാർത്ഥബോധം എന്ന് പറയുന്നു എന്തുകൊണ്ട് ഈ പ്രകൃതിയിൽ ഒരു വസ്തുവിൻ്റെയും സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല അഗ്നിയുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും ഒന്നെ ഈ സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ല ആ വസ്തുവിനെ നമുക്കില്ലാതെ അയക്കാൻ വേണത് തീയെ ഊതിക്കെടുത്ത അത് സംഭവിക്കും പക്ഷെ എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല അതുപോലെ ഇവിടെ പരമാർത്ഥബോധത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വിവാദങ്ങൾ എല്ലാം അവിടെ തന്നെ ഇരുന്നോട്ടെ പറയുന്നു തർക്കമോ സംഖ്യമോ എല്ലാം മതാത്തിൻ്റെ തലത്തിൽ നടന്നോട്ടെ പക്ഷേ അത് ഇതിനെ ബാധിക്കുന്നില്ല എന്നാണ് പരമാർത്ഥബോധത്തെ അത് സ്പർശിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ ബാധിക്കുന്നുണ്ടോ നശിപ്പിക്കുന്നില്ല അല്ല ഇത് അതെന്തുകൊണ്ട് ഞാനും വസ്തുതന്ത്രമായതുകൊണ്ട് പരമാർത്ഥം എങ്ങനെയോ അതങ്ങനെ ബോധിച്ചു പിന്നെങ്ങനെ അതിനെ ബാധിക്കാൻ പറ്റും അതങ്ങനെ അല്ല എന്നിങ്ങനെ ബോധിക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് തത്വം ആ തത്വത്തെക്കുറിച്ചുണ്ടാകുന്ന ബോധം അതും ആ തത്വം തന്നെയാണ് പരമാർത്ഥം തന്നെയാണ് എന്തുകൊണ്ടാണ് ബാധ സംഭവിക്കുന്നില്ല ബാധ സംഭവിക്കാതെ ഒന്നിനാണ് പരമാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ആ പരമാർത്ഥബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു സുഖനിർവാധി അപ്പോ അനായാസമായ നിർവാണം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ് ആര് വേദ വേദത്തെ അറിയുന്നവൻ ഇത് സാമാന്യമായിട്ട് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതം തർക്കവുമെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു അദ്വൈതബോധം അത് ിക്കുന്നില്ല എന്ന് പറയാം പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത് എന്താണോ ഈ ദേഹി സംരക്ഷിത സദ്ബുദ്ധി ഇവരുടെ ഈ വാദ ചിത്തത്തിന്റെ പ്രവാഹം ചിത്ത അതാണ്ടോ നമ്മുടെ ജാഗ്ര സ്വപ്നാനുഭവങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഒഴുക്കാണ് മനസ്സിന്റെ ഒഴുക്കെന്ന് പറയുന്നത് ഈ അദ്വൈത ബോധത്തെ അത് ഹനിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മനസ്സിന്റെ ഒഴുക്കിനെ കുറിച്ച് നമ്മൾ വ്യവലാതിപ്പെടേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അത് ഇതിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സൊഴുകൊണ്ടിരിക്കുന്നത് തത്വത്തെ ആശ്രയിച്ചിട്ടാണ് നദി ഒഴുകാന്ന് പറഞ്ഞാൽ എന്താണ് ജലം ഒഴുകുകയാണ് ആ ഒഴിക്കുന്നൊരു അടിത്തട്ടുണ്ട് അത് അതിനോടൊപ്പം ഒഴുകുന്നുണ്ടോ ഇല്ല അതുപോലെ വികല്പങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അദ്വൈത ബോധമുള്ളവൻ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല അതുകൊണ്ടാണ് തത്വജ്ഞാന് ചിത്തവൃത്തി നിരോധത്തിന് വേണ്ടി ശ്രമിക്കാത്തത് അതിന്റെ ആവശ്യമുണ്ട് തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയോ മുക്തിയുടെ വ്യക്തതയ്ക്ക് വേണ്ടിയോ ചിത്തവൃത്തി നിരോധത്തിന്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ട് ആ ചിത്തത്തിന് ആധാരമായിരിക്കുന്ന തത്വമാണ്ത്ത ആ ചിത്തത്തിന്റെ പ്രവൃത്തികളൊന്നും തന്നെ സ്പർശിക്കുന്നുണ്ട് തന്നെ സ്പർശിക്കാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ അതിനെ നിരോധിക്കാനും നില ശ്രമിക്കുന്നു ആ ബോധത്തിലാണ് തത്വജ്ഞാനിയും നിലനിൽക്കുന്നു അതുകൊണ്ട് പറയാം എന്താണ് ആ തത്വബോധത്തെ അത് വാസ്തവത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ് തത്വബോധത്തിന് അത് വിരോധമല്ലാത്തിടത്തോളം കാലം സത്ബുദ്ധിയെ തീ ചിത്തപടുത്തികൾ സംരക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയാം അവന് അതിനെന്തിനാ നശിപ്പിക്കുന്നത് അതുകൊണ്ട് സത്ബുദ്ധി ഞാൻ അത് ബാധിക്കുന്നില്ല അതാണിപ്പോ മനസ്സിൽ വിചാര വികാരങ്ങളെല്ലാം കടന്നുപോകും ഈ വികാര വിചാരങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനോ ഈ പരമാർത്ഥബോധം സത്യമല്ല എന്ന് പറയാൻ കഴിയുന്ന സംഭവമില്ല തന്നെന്താണോ പരമാർത്ഥമായി ഗ്രഹിച്ചത് ഏതിനെക്കുറിച്ചാണോ തനിക്ക് പരമാർത്ഥമെന്നുള്ള ബോധമുള്ളത് ആ ബോധത്തെ നിഷേധിക്കുകയും മനസ്സിൻ്റെ വൃത്തികൾ തന്നു കാരണം അതിൻ്റെ ജോലി വേറെയാണ് വഹാരത്തിന്റെ ജോലി വേറെയാണ് ദ്വൈതത്തിലേ ഉള്ള സ്ഥാനം പരമാർത്ഥത്തിൽ സ്ഥാനം ദ്വൈതബോധത്തെ ബാധിക്കണമെങ്കിൽ മറ്റൊരു പ്രമാണം വേണം അതിൽ നിന്നൊരു ബോധം വരണം അങ്ങനെ ഒന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് സംരക്ഷിതമാണ് ഈ ബോധം ഇതിനെ ബാധിക്കാനൊന്നും തന്നെ വ്യവഹാരം എന്ന് പറയുന്നത് മനസ്സിന്റെ ചലനവും ഒരു വ്യവഹാരമാണ് അത് അതിന്റെ ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് വേദവിത്തിനെ സംബന്ധിച്ച് അയാൾ ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷൃത്തിയിലും അതായത് ജാഗ്രസ്വപ്നങ്ങളിൽ ഈ ചിത്തം വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സുഷൃത്തിയിൽ ഈ ചിത്തം വ്യാപരിക്കാതിരിക്കുമ്പോഴും അയാൾ എവിടെയാണ് നിർവ്വാണത്തിലാണ് അതൊരു പ്രത്യേക അവസ്ഥയൊന്നുമല്ല മറിച്ച് എന്താണ് അതാണ് നിർവ്വാണമെന്നുള്ള ബോധം അബാധിതവുമായ ബോധം അഴി നിലനിൽക്കുന്നു അതുകൊണ്ടാണ് അതിന് നിർവ്വാണം എന്ന് പറയുന്നത് അതുകൊണ്ട് ദ്വൈത വിചാരമോ മറ്റു വ്യവഹാരങ്ങളോ അദ്വൈത ബോധത്തെ ബാധിക്കുന്നില്ല ഇതാണ് അവിടെയും പറഞ്ഞത് അതുകൊണ്ട് അദ്വൈതി തർക്കികാരമാണ് അയാൾ ചിന്തിക്കുന്നു ഞങ്ങളങ്ങനെ ഞങ്ങൾ സമാധിയിലിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അത് അദ്വൈതബോധത്തിനൊരു ബാധ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇനി തർക്കിക സംഘന്മാർ മുമ്പ് പറഞ്ഞ ഒരു കാര്യം എന്താണ് ഭോക്തൃത്വം കടുത്തർത്തിയോ നിക്രിയോർ വിശേഷാനുഭൂതി കന്നാമാസു കർത്തൃത്വ ജാത്യന്തരഭൂത ഭോക്തൃത്വ വിശിഷ്ട്രിയത്വ ഭക്തി പുരുഷ കല്പതയ നഗർത്താവ പ്രധാന അപ്പോ ഇങ്ങനെയുള്ള തർക്കവിതർക്കങ്ങൾ കർത്താവാണ് ഭോക്താവാണ് അല്ല കർത്താവല്ല ഭോക്താവാണ് ഭോക്താവല്ല ഈ പറയുന്ന ഇതൊന്നും കഴമ്പില്ലാത്ത കാര്യങ്ങൾ ഇവിടെ അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു ഇതിനെല്ലാം പരിഹാരമായി വാദവിവാദങ്ങൾക്കെല്ലാം ഇത് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ആദ്യം പറഞ്ഞല്ലോ ഇനി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു മുണ്ടകത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ വരുന്നത് അതിനകത്ത് മറ്റുപാസനകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ചർച്ച ചെയ്തി കൂടുതൽ ആഴത്തിലൂടെ കാര്യങ്ങളെ ചർച്ച ചെയ്തു അത്രജ വിഭക്തി വിദ്യാവിദ്യ പരാപരീത്യ ആദോയോഗ ശാസ്ത്ര ശാസ്ത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വേട് തിരിച്ചു പറഞ്ഞിവിടെ രണ്ട് കാര്യങ്ങളുണ്ട് വിദ്യയാ വിദ്യയും പരാ അപരാ എന്ന് എവിടെ ശാസ്ത്രത്തിന്റെ അതിലെന്ന് പറഞ്ഞ മുണ്ടകത്തിൽ അവിടെ പറഞ്ഞു അപ്പം ആ വിദ്യ ആ വിദ്യയുടെ വെളിച്ചത്തിന് ഇതിനെല്ലാം കാണണം എന്നാണ് ഇവിടെയും പറയുന്നത് ഉപാസനകളും മറ്റു കാര്യങ്ങളുമെല്ലാം ആ വിദ്യയുടെ പട്ടികയിൽപ്പെടുത്തണം പരമാർത്ഥബോധത്തെ വിദ്യയിൽപ്പെടുത്തണം സാങ്ക്യനും താർക്കികനും എല്ലാം ആ വിദ്യയുടെ ഭാഗത്തും അദ്വൈതബോധം വിദ്യയുടെ ഭാഗത്ത് വരും വിഭക്തേ വിദ്യ ശാസ്ത്ര ആ തുടക്കത്തിൽ തന്നെ അതുവന്നാ അതുകൊണ്ടെന്താണ് താർക്കികടപ്രവേശോ വേദാന്തരാജപ്രമാണബാഹഗുപ്താത്മീകത്വവിശീലി രാജാവ് തന്റെ കൊട്ടാരത്തിൽ തന്റെ ഖജനാവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിധി അത് തന്റെ പൗരുഷം കൊണ്ട് തന്റെ ശക്തി കൊണ്ട് എന്നാത് സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ആ രാജ്യത്തെ ഒരു സാധാരണ ഭടൻ ഒരു വെറും പട്ടാളക്കാരൻ അവിടെ ചെന്ന് അതെടുക്കാൻ പറ്റും അത് കൈവശപ്പെടുത്താൻ പറ്റില്ല എന്നാൽ പിന്നെ രാജാവ് വരെ രാജാവ് സർവശക്തനാണ് അപ്പൊ സർവശക്തനായ ഒരു രാജാവ് സൂക്ഷിച്ചിരിക്കുന്ന ഒന്നിനെ അല്ലെങ്കിൽ രാജാവിന്റെ അധീനതയിലിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു സാധാരണക്കാരന് അവൻ കുറച്ച് വീര്യവും ധൈര്യവും ഉള്ളവനായിരിക്കും പക്ഷെ ചക്രവർത്തിയുടെ അധീനതയിലാണെങ്കിൽ അതിലവന് കൈകടത്താൻ പറ്റത്തില്ല എന്നാണ് അതാണ് വേദാന്ത പ്രമാണ രാജൻ എന്നാണ് അതായത് ശ്രദ്ധി ുപ്തമാണോ ശ്രുതി എന്ന് പറയുന്ന ഒരു വലിയ പരാക്രമിയാണ് ചക്രവർത്തിയെപ്പോലും ശ്രുതിയുടെ ബാഹുക്കളാൽ സംരക്ഷിതമാണ് അദ്വൈതത്വം എന്ന് പറയുന്നത് അദ്വൈതത്വത്തെ സംരക്ഷിച്ചിരിക്കുന്ന ശ്രുതിയാണെന്നാണ് അവിടെ താർക്കിക ഭടൻ എന്നുവെച്ചാൽ കേവല യുക്തിക്ക് അവിടെ കടന്നു ചെന്നിട്ട് അതിനെ ഒന്നും സ്പർശിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈത ബോധം എന്ന് പറയുന്നത് അനുഭവത്തെ അനുഭവത്തിൻ്റെ സംരക്ഷണയിലാണ് സ്ഥിതി ചെയ്യുന്നത് അദ്വൈത ബോധം അദ്വൈതബോധം എന്ന് പറയുന്ന അല്ലേനെ ബോധമെന്ന് പറയുന്നു ബോധം എന്നും അനുഭവം എന്ന് പറയുമ്പോൾ രണ്ടാണെന്നും ധരിക്കരുത് അറിവെന്നും അനുഭവം എന്ന് പറയുമ്പോൾ രണ്ടാണെന്നും ധരിക്കരുത് അദ്വൈതമെന്ന് പറയുന്നത് അറിവാണ് ബോധമാണ് അതിനോട്ട് അദ്വൈതത്തിന്റെ ബോധമൊന്നോ അദ്വൈതമാകുന്ന ബോധമെന്നോ എന്ത് വേണമെന്നും പറയും ആ ബോധം അതിനെ യുക്തിക്ക് സ്പർശിക്കാൻ കഴിയത്തില്ല എന്ന് കാരണം ആ ബോധത്തിന് മറ്റു രീതിയിൽ അദ്വൈത ബോധം അനുഭവത്തെ പിന്തുടർന്നു വരുന്നാണ് അല്ലാതെ ആ ശ്രോതാവിൻ്റെ തന്നെ കേവലമായ യുക്തിയെ ആശ്രയിച്ചുണ്ടാവുന്നതല്ല തൻ്റെ തന്നെ യുക്തി അനുസരിച്ച് തനിക്ക് എന്ത് കാര്യങ്ങളും എന്ത് സിദ്ധാന്തവും ഉണ്ടാകും യുക്തി അവിടെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ യുക്തി ഇവിടെ പറയുന്ന എന്താണ് താർക്കിക ഭടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് താർക്കികവാദ ഭടൻ വാദപ്പടയാളി എന്നാണ് വലിയ തർക്കി ബുദ്ധിക്ക് വലിയ ശേഷിയുണ്ട് തർക്കിക്കുന്നതിനുള്ള ശേഷിയുണ്ട് എല്ലാവരുടെ ബുദ്ധിക്കുണ്ട് ശ്രോതാവിൻ്റെ ബുദ്ധിക്കുണ്ട് തൻ്റെ ബുദ്ധി ഏത് ചോദ്യം ചെയ്യും അതിനൊക്കെ സമാധാനം കിട്ടണം അവിടെ വാദപ്രതിവാദങ്ങളെല്ലാം നടത്താൻ പക്ഷേ തൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് ഒരിക്കലും തൻ്റെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വ്യക്തമായ അനുഭവമാണ് അത് ആ അനുഭവം എവിടെ നിന്ന് വന്നു അനുഭവത്തെ പിന്തുടരുന്നുവെന്ന് അനുഭവത്തെ പിന്തുടരുന്ന വാക്കുകൾ ഉപദേശത്തിൽ നിന്ന് തൻ്റെ ഉള്ളിൽ ഉണ്ടായ അനുഭവമാണ് അദ്വൈതമാണ് പരമാർത്ഥമാണെന്നുള്ള അറിവ് അത് പിന്നെ യുക്തിക്ക് എങ്ങനെ ബാധിക്കാൻ പറ്റും അതുകൊണ്ട് അതിനുവേണ്ടി തർക്കം ശ്രമിക്കേണ്ട കാര്യമില്ല തർക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ഒരാൾക്ക് ഈ അദ്വൈതത്വത്തെ സംബന്ധിച്ച് വ്യക്തമായ ദൃഢമായ ബോധമുണ്ടായാൽ ആ ബോധത്തെ മാറ്റുന്നതിന് എങ്ങനെയാണോ മറ്റൊരു പ്രമാണം ഇല്ലാത്തത് അതുപോലെ തന്നെ ആ ബോധത്തെ സ്പർശിക്കുന്നതിനുള്ള യുക്തികളുമില്ല എന്നാ ഇഹ ആത്മീകത്വ വിഷയേ ആത്മീകത്വ വിഷയത്തിൽ ആത്മീകത്വത്തെ സംബന്ധിച്ചുള്ള ആ ബോധം അത് അബാധിതമാണ് അത് യുക്തി കൊണ്ടോ കൊണ്ടോ അതിനെ ബാധിക്കാൻ സാധ്യമല്ല